സംശയമില്ലാത്ത ഒരു ദിവസത്തേക്ക് നാം അവരെ ഒരുമിച്ചു കൂട്ടുകയും ഓരോ ആത്മാവിനും അത് സമ്പാദിച്ചതിൻറെ പൂർണമായ പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ അവർക്കെങ്ങനെയുണ്ടാകും അവർക്ക് യാതൊരു അനീതിയും ചെയ്യപ്പെടുകയില്ല